അങ്ങനെ നമ്മുടെ കൽപ്പനയാലുള്ള ഒരു ചൈതന്യത്തെ നാം നിനക്ക് നൽകി വേദഗ്രന്ഥം എന്താണെന്നും വിശ്വാസമെന്താണെന്നും നീ അറിഞ്ഞിരുന്നില്ല എന്നാൽ നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവരെ നയിക്കുന്നതിനായി അതിനെ നാം ഒരു പ്രകാശമാക്കി മാറ്റി തീർച്ചയായും നീ നേരായ പാതയിലേക്ക് നയിക്കുന്നു